അവരുടെ കരാർ കാരണം നാം കൂർമലയെ അവർക്കുമീതെ ഉയർത്തി ഞങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ആ കവാടത്തിലൂടെ പ്രവേശിക്കുവീൻ ശനിയാഴ്ച ദിവസം നിങ്ങൾ അതിക്രമം കാണിക്കരുതെന്ന് നാം അവരോട് പറഞ്ഞു അവരിൽ നിന്ന് നാം ശക്തമായൊരു കരാർ സ്വീകരിക്കുകയും ചെയ്തു